സത്യസന്ധമായി ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ചത് അവനാണ് അവൻ ഒരു കാര്യത്തെ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു അവൻറെ വാക്ക് സത്യമാണ് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ആധിപത്യം അവനുള്ളതാണ് അവൻ അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവനാണ് അവൻ യുക്തിമാനും സർവജ്ഞനുമാണ്